ീയ പ്രവർത്ത പ്രശ്നം കൂടം പ്രചാരം അവക്തം അന്തർണ്ണീയ യഹ ബാലകൃഷ്ണൻ ഗതോ സ അധമപ്രച്ഛസ മഹാഅത്ഥാജനം മുമ്പ് പറഞ്ഞതിൻ്റെ തുടർച്ചയെന്ന് പറയും പറയുന്ന ആളിനെ കുറിച്ച് ശരിയായ ധാരണ അതെങ്ങനെ ധാരണ ഉണ്ടാവും അയാളെ കണ്ട് മനസ്സിലാക്കി അയാളുടെ പ്രവൃത്തികളിലൂടെയല്ല എന്ന് പറഞ്ഞു അതിന്റെ തുടർച്ചയായിട്ട് പറയുകയാണ് പ്രവക്താരം അനിർണ്ണീയ തന്റെ ചോദ്യങ്ങൾക്ക് ഇത്തരം പറയേണ്ട ആളിനെ കുറിച്ചൊരു ധാരണയില്ല വെറും ആധ്യാത്മികമായ വിഷയം എന്നുള്ളതല്ല ഏത് വിഷയത്തെ സംബന്ധിച്ചതിനനുസരിച്ച് നമ്മൾ അറിയാൻ ആഗ്രഹിച്ചു ആണ് ചോദ്യം ചോദിക്കുന്നത് ചോദ്യം പലതരത്തിലോ ഒന്ന് ഇതാണ് അറിയാൻ ആഗ്രഹിച്ചുകൊണ്ട് ചോദ്യം ചോദിക്കുക സാധാരണ മറ്റൊന്ന് പറയുന്ന ആളിന്റെ അറിവിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് ചോദ്യം ചോദിക്കുറിച്ച് പറയാൻ നിങ്ങൾ പോരാ എന്നുള്ള രീതിയിൽ ആ പറയുന്ന ആളിന്റെ അറിവിനെ വെല്ലുവിളിച്ചുകൊണ്ട് ചലഞ്ച് ചെയ്തുകൊണ്ട് ചോദ്യം ചോദിക്കുക അങ്ങനെയും ചോദിക്കാം അങ്ങനെ സംഭവിക്കാം പോരാ എന്നുള്ള ഒരു രീതി ഞങ്ങൾ പറയാൻ പോരാ ചോദ്യം ചോദിക്കുന്നതാണ് ഒരു ധാരണയുണ്ട് ഈ വിഷയത്തെക്കുറിച്ച് എനിക്കും കുറേ ധാരണകളൊക്കെ ഉണ്ട് ഞാനും കുറേയൊക്കെ അറിയുന്ന പോരാ ആ രീതി ചോദ്യം ചെയ്തു കൊണ്ടിരിക്കുകയാണ് നീ പറയുന്ന ആളിനോട് തർക്കിക്കാൻ വേണ്ടി ചോദിക്കുക അയാൾ പറയുന്നതല്ല ശരി അയാളെ പരാജയപ്പെടുത്താൻ ചോദിക്കുക ഇക്കാര്യത്തെക്കുറിച്ച് ഞാൻ ധരിച്ചിരിക്കുന്നതാണ് ശരി എന്ന് പറഞ്ഞ് തന്റെ ഭാഗത്തെ സമർത്ഥിക്കാൻ വേണ്ടി ചോദിക്കുക അങ്ങനെ അങ്ങനെ ഞാൻ പറയുന്ന ആള് പരാജയപ്പെടുത്തും പിന്നെ എന്താണ് വേറൊന്നു വരുന്നത് മുത്തത്ത് അറിവിന്റെ കാര്യത്തിൽ ഈ പറയുന്ന ആളിനെ കുറിച്ചൊരു മതിപ്പില്ല പോരൊരു മതിപ്പ് ഇല്ല മനസ്സിൽ വരുന്നില്ല അയാളുടെ കുറ്റമല്ല അയാളുടെ മനസ്സിൽ അങ്ങനെ ഒരു മതിപ്പ് വരുന്നു അതുകൊണ്ട് ചോദ്യം ചോദിക്കുക ആ മതിപ്പ് പ്രകടമാക്കി ചോദ്യങ്ങൾ ചോദിക്കുക നിങ്ങൾ പലതരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുക അയാൾ അസമർത്ഥനാണെന്ന് തെളിയിക്കുകയാണി ചോദിക്കുക അയാൾ ഈ വിഷയത്തിലുള്ള വൈദഗ്ധ്യം പോരാ അങ്ങനെ ചോദിക്കും അങ്ങനെ ചോദ്യം ത്തിലാണെങ്കിൽ ചോദ്യം ചോദിക്കുക എന്താണോ ഈ പറയുന്ന ആളിനോട് എന്തെങ്കിലും ഉള്ളിൽ വിരോധമുണ്ടെങ്കിൽ അയാളെ അപമാനിക്കുന്നതിന് വേണ്ടി ചോദിക്കുക പരസ്യം ഇങ്ങനെ പലതരത്തിൽ ചോദ്യങ്ങൾ വരാം സദസ്സ് ഒരു കാര്യം പറയുമ്പോൾ ആ പറയുന്ന ആള് ഇങ്ങനെയുള്ള ഏത് ചോദ്യങ്ങളെയും നേരിടാൻ തയ്യാറായി ഏത് ചോദ്യങ്ങളെയും അഭിമുഖീകരിക്കാൻ പ്രാപ്തിയുള്ള ആളായി എന്ന് വിചാരിച്ച് അങ്ങനെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയണമെന്നുള്ളതല്ല അതെല്ലാം പ്രതീക്ഷിച്ചോളു സതസ്സെന്ന് ഏത് തരത്തിലും ചോദ്യം വരാം ഏത് തരത്തിലുള്ള ചോദ്യം ഉണ്ടായത് എന്താണോ അത് പ്രതീക്ഷിക്കണം കാരണം എന്താണ് അങ്ങനെ സദസ്സം എന്ന് പറയുമ്പോൾ പല സ്വഭാവത്തിലുള്ള പലതരത്തിലുള്ള ആൾക്കാരുടെ അവരുടെ മനോഗതി പലതരത്തിലും അതുകൊണ്ട് ഏത് തരത്തിലും പക്ഷേ ഇവിടെ പറയുന്നത് എന്താണ് ഇവിടെ പറയുന്നത് ഒരു വിഷയത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹിച്ച് നിങ്ങളൊരാളുടെ അടുത്ത് പോയി ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ആദ്യം ആ പറയുന്ന ആളിനെക്കുറിച്ച് ശരിയായ ഒരു ധാരണ നിങ്ങൾക്കുണ്ടാവും ആ വിഷയത്തിൽ അയാൾക്ക് എന്തുമാത്രം അറിവുണ്ട് ആ ധാരണയില്ലാതെ ആ നിർമ്മിക്കുക ആ വ്യക്തിയെക്കുറിച്ച് ശരിയായ ധാരണയില്ലാതെ ആ വിഷയത്തിൽ ഈ തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല അല്ല ഇനി അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കാം എവിടെ ഉന്നയിക്കാം അവിടെ നമ്മൾ ചോദ്യം ചോദിച്ചും മനസ്സിലാക്കുകയല്ല മറിച്ച് നമ്മൾ വാദപ്രതിവാദത്തിനായിട്ടാണ് പോവുകയുള്ളത് രണ്ടു കൂട്ടരും പരസ്പരം സമ്മതിച്ചിട്ട് അതാദ്യം പരസ്പരം സമ്മതിക്കും ശരി നമുക്ക് ഇന്ന വിഷയത്തെക്കുറിച്ചൊരു ഡിബേറ്റാണ് ചോദ്യത്തിനല്ല ഒരു ഡിബേറ്റ് നമുക്കാകാം രണ്ടുപേരും സമ്മതിക്കും കൈ കൊടുക്കും അപ്പോൾ ഏത് തരത്തിലും ചോദ്യം ചോദിക്കാം അതിന് നിയമങ്ങളുണ്ടെങ്കിലും അങ്ങനെ പഠിച്ചിട്ടുണ്ട് തർക്കത്തിനും അതിലും ചില നിയമങ്ങളുണ്ട് ആ നിയമങ്ങളെ രണ്ടു കൂട്ടരും പാലിക്കാൻ പാലിക്കണം ധനം അവിടെ ഉപയോഗിക്കാൻ നമ്മൾ തർക്കത്തില് പഠിച്ചു പക്ഷെ അവിടെ എന്താണ് പറയുന്ന ആളിനെ പരാജയപ്പെടുത്തണമെന്നുള്ള താൽപ്പര്യത്തിൽ പരസ്പരം ചോദ്യങ്ങൾ വാദപ്രതിവാദം നടത്തിയിരുന്നു പക്ഷെ ഇവിടെ തന്ന ഇവിടെ എന്താണ് അറിയാൻ വേണ്ടി ചോദിക്കുന്നത് അറിയാൻ വേണ്ടി ചോദിക്കുകയാണെങ്കിൽ ആദ്യം ചോദ്യ കടത്താവ് ഉത്തരം പറയുന്ന ആളിനെ ശരിയായ ധാരണ ഉണ്ടായിരിക്കണം ഈ വിഷയത്തിൽ ഇയാൾക്കുള്ള എന്റെ ചോദ്യങ്ങൾക്കും പറയാനുള്ള പ്രാപ്തി ഇയാൾക്ക് എത്ര മാത്രമുണ്ട് െത്രമാത്രം അറിവുണ്ട് എന്ന് നിർണ്ണയിച്ചിട്ട് ചോദ്യം ചോദിക്കണം അല്ലെങ്കിൽ ശരി തോന്നുകയാണ് ഏ വിഷയത്തിൽ ഇയാളുടെ അറിവ് പോലെ വേണ്ടത്ര പക്ഷമുണ്ട എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നിങ്ങളെപ്പോലെ ആയിരിക്കണം നിങ്ങളെപ്പോലെ ആയിരിക്കുക എന്താണോ ഒന്നും ഉണ്ടാവാതിരുന്ന കേക്ക് ഒരു ചോദ്യം ചോദിക്കരുത് എന്തുകൊണ്ട് നിങ്ങൾക്ക് ബോധ്യമുണ്ട് ഈ പറയുന്ന ആളിനെ കുറിച്ച് വലിയ വിവരമൊന്നും ഇല്ല നമ്മൾ ചോദ്യം ചോദിച്ചാലും ബുദ്ധിമുട്ടുകയില്ല അപ്പൊ ആവം എന്തെങ്കിലും പറഞ്ഞിട്ട് എഴുന്നേറ്റ് ഉപദ്രവിക്കുന്നില്ല ഒരു സൗജന്യം സൗമനസ് അങ്ങനെ അപ്പൊ എന്താണ് നിർണയമുള്ളത് കൊണ്ടാണ് ഉറപ്പുണ്ടെന്താണ് പറയുന്നതിന് കാര്യമായ വിവരമൊന്നും ില്ല അതുകൊണ്ട് ഞങ്ങൾ ആരും ഒരു ചോദ്യം ചോദിക്കുന്നില്ല അങ്ങനെയാണോ വേണ്ടത് അതുമല്ല അതെന്തോ നിങ്ങളുടെ ഒരു ദയാ വായ്പ എന്നാ വിചാരിച്ചത് ഒരുപക്ഷെ നിങ്ങൾ വിചാരിച്ചിരിക്കും ഈ പറയുന്നതാണ് നിങ്ങൾ കൂടുതൽ റെസ്പെക്ട് ചെയ്യണം ഒന്നുമല്ല ശരിയായ ഒരാള് വിഷയത്തെക്കുറിച്ച് എന്താണ് മനസ്സിലാക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം എന്താണോ പറയുന്ന ആളിനെ അറിവിനെ കുറിച്ച് തനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു എന്താണോ തന്റെ സംശയങ്ങൾ ദൂരീകരിക്കാൻ പ്രാപ്തിയുള്ള ആളാണ് എന്നൊരു ധാരണ എന്നിട്ട് അറിയാൻ ഉള്ള ആഗ്രഹം അതായത് ജിജ്ഞാസയോടുകൂടി ചോദ്യങ്ങൾ ചോദിച്ച് തന്റെ നാസക്ക് ശമനം വരും തന്റെ അറിവിനെ പൂർണ്ണമാക്കണം അതാണ് ശരിയായ സംവാദം എന്ന് പറയുന്നത് അറിയാൻ വേണ്ടി ചോദിക്കുന്നു അപ്പൊ എന്താണ് പറയുന്ന ആള് അതിനെ വിശദീകരിക്കുന്നു ചോദ്യകളത്താവ് ന്യായമായ ചോദ്യങ്ങൾ ചോദിക്കുന്നു ഉത്തരം പറയുന്നു ഇല്ലെങ്കിൽ നിങ്ങൾ ധരിച്ചിരിക്കുന്ന പോലെയല്ല ചോദ്യം ചോദിക്കാതിരിക്കുന്ന ഒരാളെ ബഹുമാനിക്കുന്നതല്ല നിങ്ങൾ അങ്ങനെ ചെയ്ത് നിങ്ങൾ ചോദ്യങ്ങൾ ഉന്നയിക്കാതിര കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം എന്താ സംഭവിക്കുന്നത് അതായത് ഈ പറയുന്ന ആളുകൾ തന്നെ സ്വയം ചോദ്യങ്ങൾ സൃഷ്ടിച്ച് ഉത്തരം പറയേണ്ടി പറയുന്നാണ്ട് ജോലിയാണെന്തോ ചോദ്യങ്ങൾ സ്വയം നിർമ്മിക്കുക ഉത്തരം പറയുക ഉത്തരം പറയുക ആ രീതിയിൽ പറയുന്നു എന്തുകൊണ്ട് ഈ കേൾക്കാനിരിക്കുന്നവര് മരപ്പാവകളെപ്പോലെ ഇങ്ങനെ ഇരിക്കുകയാണ് മരപ്പാവകൾ സാലഭഞ്ചികത അതിനോട് സംസാരിക്കുകയാണ് പിന്നെ എന്തുവേണം സംസാരം മുന്നോട്ട് പോകണമെങ്കിൽ പറയുന്ന ആള് തന്നെ ചോദ്യം ഉണ്ടാകണം പറയുന്ന ആള് ചോദ്യം ചോദിക്കുന്നത് ചിലപ്പോ എന്താണ് എല്ലാം പറയൂ എന്നുള്ള ധാരണയില്ലായിരുന്നു അല്ലെങ്കിൽ പേടിച്ചിട്ടുമാണ് ഇനി ചോദ്യം ചോദിച്ചാൽ അവരെന്തെങ്കിലും തെറ്റുപറ്റുമോ അധിക പ്രസംഗമായി പോകുമോ അങ്ങനെയൊക്കെയുള്ള സംശയങ്ങളൊന്നും അനുസരിച്ചിട്ടാവാം പിന്നെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ തന്റെ അറിവില്ലായ്മ പുറത്ത് വരുമോ അതാരും അറിയണ്ട താനൊരു ചോദ്യം ചോദിക്കുന്നു അവിടെയും ബാക്കി ചുറ്റുള്ളവരിലായിരുന്നു പരിഹസിച്ച് ചിരിക്കുന്നു ഇയാളുടെ ചോദ്യം ഒരു വിഡ്ഢിത്തമാണ് ഞാനായിരുന്നു നല്ലൊരു ചോദ്യം ചോദിച്ച് എന്നാണ് ചിരിക്കുന്നത് കൊണ്ടാവും അതുകൊണ്ട് ചോദ്യം കൂടെ ഒഴിവാക്കും അങ്ങനെ ഇവിടെ തന്നെ എന്താണ് രാമൻ നിരന്തരം ചോദ്യം ചോദിക്കുന്നു ഇതിന്റെ ഒരു ആമുഖമായിട്ടാണ് ഈ രോഗം ടുത്ത ഒരു ചോദ്യമാണ് ഒരു സർഗം ചോദ്യത്തിനെ തുടർന്നാണ് അതിന്റെ സമാധാനമായിട്ടുള്ള ബാക്കിയെല്ലാം ചോദിച്ചത് നമ്മള് ചോദ്യവും ആവശ്യമാണ് ഉത്തരം പോലെ തന്നെയാണ് ചോദ്യം ചോദിക്കുന്നതിനും ചോദ്യ ഭർത്താക്കൾ സമർത്ഥരായിരിക്കണം ഉത്തരം പറയുന്നതിന് ആ ഉത്തരം പറയുന്ന ആള് സമർത്ഥന അതുകൊണ്ട് പറയുന്നു അടുത്ത വ്യാസം പറയും നമ്മൾ രണ്ടുപേരും ശരിയാണ് ഫിറ്റാണ് എന്നറിയ ചോദ്യം ചോദിക്കാൻ അതിന് ഉത്തരം പറയാനും അങ്ങനെ ചർച്ച പോയാലേ അത് എന്താണോ സജീവമായൊരു ചർച്ചയാണ് എന്തെങ്കിലും നിർജീവമായ ചർച്ചയായി ഒരാൾ പറഞ്ഞ് ക്ഷീണിക്കുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക പ്രതികരണ ശൂന്യമായ ഒരു സദസ് മൊത്തത്തിലൊരു ശോകമൂപത എനിക്കിവിടെ വന്നിരുന്നിങ്ങനെ ഒരു മണിക്കൂർ സംസാരിച്ചിട്ട് ഇറങ്ങുമ്പോൾ ഒരു മരണവെട്ടിപ്പോയൊരു പ്രതീതിയാണ് മരണകെട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന പോലെ എന്താണ് അവിടെ ആരും പരസ്പരമൊന്നും കണ്ടില്ല എല്ലാവർക്കും വിശദായി ഇതെല്ലാം ഒരു വലിയ ഭൂഷണം എന്ന് കാര്യമാണ് ഇനി ഞാൻ നടത്തിക്കൊണ്ടുപോകുന്നു അതോ ഇത് ദൂഷണമാണെന്നുള്ള തിരിച്ചറിയാൻ വയ്യാത്തത് ഇവിടെ അതൊക്കെയാണ് പറയുന്നത് ഇവിടെ പറയുന്നത് ഞാൻ ഇങ്ങനെയൊന്നും അല്ല വേണ്ട പിന്നെ ഇനി വേറെന്ന് പറയാം എന്താണോ പറയുന്നത് എന്താണ് എല്ലാം സംശയ ശെത്തിയാണ് പറയുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ സംശയങ്ങളും ദൂരീകരിക്കും ഓരോ നിമിഷവും അർജുനൻ അവസാനമായി പറഞ്ഞുള്ള എന്താണ് നഷ്ടവും മോഹം സ്മൃതി ലബ്ധോ അവിടെ ഇരിക്കുന്ന ഓരോരോ നിമിഷവും പറഞ്ഞുകൊണ്ടിരിക്കണെന്താണ് നഷ്ടവും മോഹം സ്മൃതി ലബ്ധ എല്ലാ മോഹങ്ങളും നശിക്കും സ്മൃതി ഉണ്ടായി അങ്ങനെയാണോ എനിക്ക് സംഭവിക്കുന്നത് അത് അങ്ങനെ അത് സംഭവിച്ചുണ്ട് ഓരോ നിമിഷവും എല്ലാ മോഹങ്ങളും നഷ്ടപ്പെട്ടു ശരിയായ ബോധം എന്തോ എനിക്കറിയുക എന്തായാലും ഇവിടെ പറയുന്നത് എന്താണോ അങ്ങനെ എന്താ വേണ്ടത് പറയുന്ന ശരിയായ ധാരണ വേണം ആ ധാരണയിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുക ആ വിഷയത്തെക്കുറിച്ച് ശരിയായി മനസിലാക്ക അങ്ങനെ ആ വ്യക്തിയെ കുറിച്ച് മനസ്സിലാക്കാതെ ചോദ്യം ചോദിക്കരുത് അനിർണീയ പ്രവക്താരം ആ പറയുന്ന വ്യക്തിയെ കുറിച്ചുള്ള ശരിയായ ധാരണയില്ലാതെ ബാല പ്രശ്നങ്ങളോ അങ്ങനെ ഇല്ലാതെ ചോദ്യം ചോദിക്കുന്നവൻ മൂർഖനാണ് അതുകൊണ്ടാണ് ബാലൻ എന്നവർ വിവേകമില്ലാത്തവനാണ് അവന്റെ അറിവിൽ ഉരസി നോക്കുകയാണ് അത് അങ്ങനെ നോക്കേണ്ട കാര്യമില്ല തീപ്പെട്ടി കൊള്ളിയെടുത്ത് തീപ്പെട്ടിയുടെ സൈഡിൽ കൊണ്ട് ഉരസി കൊടുത്താ തീവരും അപ്പൊ വെറുതെ ഒരസർ തീ പിടിക്കുന്ന സാധനം വെറുതെ പോയി വേറെ തീ പിടിപ്പിക്കരുത് അതും പാടില്ല അതും ശരിയായ രീതിയില്ല ഇപ്പൊ എന്താണ് പ്രവക്താരം അന്തർണ്ണീയ ചോദ്യ ഭർത്താവിനെ കുറിച്ച് ശരിയായ ധാരണയില്ലാതെ ബാലൻ അവിവേകി ആരാണ് ചോദ്യം ചോദിക്കുന്നത് അഥമ പ്രശ്നം അങ്ങനെ ചോദ്യം ചോദിക്കണമെങ്കിൽ എന്താണോ അവൻ അധമനായ ചോദ്യ ഉറക്കാവാണ് വെറുതെ തീപ്പട്ടിയുടെ സൈഡിൽ കൊണ്ടുവന്ന് പൊള്ളി വരയ്ക്കും അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കൈ കൊള്ളും അതും ചെയ്യല് എന്നാ അധമനാണ് അങ്ങനെ ചോദ്യം ചോദിക്കുന്നവൻ എന്ന മഹാർഥസ് ഭാവം ഈ വിഷയം ആത്മബോധം എന്ന് പറയുന്ന വിഷയത്തെ സംബന്ധിച്ച് അതിനെ ഉൾക്കൊള്ളുന്നതിന് അവന് അധികാരിയല്ല അങ്ങനെയുള്ളവന് അതിനധികാരിയല്ല തീർച്ചയായിട്ടും ഇതൊരു ഒരു ശാസ്ത്രം എന്നുള്ള നനക്ക് നോക്കിയാൽ വലിയ വിഷയമാണ് വലിയ വിഷയം എന്ന് വെച്ചാൽ വളരെ സൂക്ഷ്മം ബുദ്ധിയോടുകൂടി ഗ്രഹിക്കേണ്ട വിഷയമാണ് അത് തർക്കമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് അതൊരു മഹാ അർത്ഥമാണ് ഒരു മഹത്തായ വിഷയമാണ് അതിന് ഭാചനം അവന് അധികാരി അല്ല അവനൊരു കാര്യവും മനസ്സിലാക്ക വെറുതെ എന്തെങ്കിലും ചോദിക്കണം അപ്പോൾ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി അതിന് യോജിച്ച ചോദ്യങ്ങളൊക്കെ ചോദിച്ചും മനസ്സിലാക്കി എന്നാണ് ഉചിതമായ ശ്രവണം എന്നാണ് ഇവിടെ പറയുന്നത് ഇതും ഈ ഒരു കാര്യത്തെ കുറിച്ചുണ്ടൊരു വിഷയത്തെ സംബന്ധിച്ചാലും ഇങ്ങനെ ഏത് ക്ലാസ്സിൽ പോയിരുന്നു പഠിച്ചാലും ഇങ്ങനെ കണക്കായാലും സയൻസായാലും എല്ലായിടത്തും എഴുതിയിരുന്നു ഇവിടെയും അങ്ങനെയാണെന്ന് പറയുന്നു പൂർവാപര സമാധാനക്ഷമ ബുദ്ധവും അനന്തി നാഥമേ പശുധർമ്മിണി പൂർവാപര സമാധാനക്ഷമബുദ്ധവും മുമ്പ് പറഞ്ഞത് എൻ്റെ സ്മൃതി അതിൻ്റെ ഉള്ളിലുണ്ടായിരിക്കും അതിൻ്റെ സംസ്കാരം ഇതിലുണ്ടായിരിക്കും അപ്പരം ഉണർത്തിക്കൊണ്ട് ഇപ്പൊ പറയുന്നതിന് നമുക്ക് തോന്നുകയാണ് ഇന്നിനെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ പൂർവ്വ സ്മൃതി എല്ലാം ഉണർന്നു വരണം ഈ പറയുന്നിടത്താണ് പ്രശ്നം നമ്മൾ കേൾക്കുന്നിടത്താണ് നനയാന്ന് എന്ത് പറഞ്ഞു അതിനു മുമ്പെന്ത് പറഞ്ഞു അതിനെക്കുറിച്ചുള്ള ഒരു ധാരണ നേരത്തെ പറഞ്ഞല്ലോ പട്ട് വസ്ത്രത്തിൽ കൊണ്ടുവന്ന് കൊങ്കുമ്മം കരയ്ക്ക് അതി മുക്കുന്നതുപോലെയാണ് നമ്മൾ അറിവിനെ ഗ്രഹിക്കേണ്ടത് അപ്പോ അറിവിന്റെ അകത്ത് ഇഷ്ണത അതിനെ ഉൾക്കൊള്ളാൻ പറ്റിയ ബുദ്ധിയായി അപ്പൊ അതിന് പൊറുവാകര ബന്ധമുണ്ടായി നമ്മൾ മുമ്പ് കേട്ടതെല്ലാം കളഞ്ഞു കളഞ്ഞു കളഞ്ഞു പോവാനും പുതുതാകുന്നു പഴയതെന്ത അമിക്തമായി ചില ഹോർമോണുകൾ കാണും അപ്പൊ നമുക്കൊന്നും അത് അല്ല പറയുന്നു ഇന്ന് പറയുന്നു അതല്ല ആ പറയുന്നത് പോലെ അല്ല പറയുന്നു അങ്ങ് നിർത്തി അപ്പൊ അത് കുറച്ച് നമുക്ക് എന്താണോ പൂർവ്വധാരണകൾ വേണം പൂർവലധാരണകളും ഇന്ന് പറയുന്നതെന്ന് മുമ്പ് പറഞ്ഞതുപോലൊക്കെ ഒരു ബന്ധം നമ്മുടെ മനസ്സിന് വേണം അല്ലെങ്കിൽ നമ്മൾ അതിനെ പരിശോധിക്കാൻ തയ്യാറാവണം പറയുന്നിടത്താണോ തകരാറതെ കേൾക്കുന്നിടത്താണോ തകരാറെന്നുള്ള ഒരു പരിശോധന അതിനൊക്കെ നമ്മൾ തയ്യാറാവണം ഇനി പറയുന്ന ആള് കേൾക്കുന്ന ആളുടെ കാര്യം ശരിയെന്നേ പറയുന്ന ആളും പ്രമാദങ്ങൾ സംഭവിക്കരുത് സംഭവിക്കുന്ന ആളും പ്രമാദങ്ങൾ സംഭവിക്കാം അങ്ങനെ സംഭവിച്ചുകൂടാന്നൊന്നുമല്ല പറയുന്നതാണ് പ്രമാദങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു പറയുന്നതാണ് പറയുന്ന ആള് തന്നെ അത് പരിഹരിക്കുക പിന്നെ ഒരാൾ പൂർവാപര ധാരണയോടുകൂടി പറയുകയാണെങ്കിൽ നല്ല പ്രമാദം വന്നു കഴിഞ്ഞാൽ ആയാലും ഒട്ടുമുക്കാലും തിരിച്ചറിയാൻ പറ്റും പിന്നെ അതാണ് സംഭവിക്കുന്നത് തിരുത്താനും എന്തുകൊണ്ട് ഇതൊക്കെ ഒരു പരിശീലനത്തിന്റെയും അഭ്യാസത്തിന്റെയും പ്രത്യേക നമ്മളൊരു തൊഴിൽ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അറിയാതെ തന്നെ നമുക്ക് അഭ്യാസം കൊണ്ടതിനൊരു ശേഷി അത് കേൾക്കുന്ന ആളിനെ പോലെയല്ല പറയുന്ന ആൾ സംഭവിക്കുന്നു പറയുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞുകൊണ്ടിരിക്കുന്നു നിരന്തരം വിഷയത്തിൽ ദൃഢത ദാർഢ്യം അത് കൂടി വരും കേൾക്കുന്നവരിൽ അത്രയും വരത്തില്ല കേൾക്കുന്നവരിൽ ആ വിഷയ ദാർഢ്യം വരണമെന്ന് ഒരേ ഒരു വഴികളും അവരും പറഞ്ഞുകൊണ്ടേ പറയുമ്പോഴാണ് നമ്മൾ വിഷയത്തിന്റെ ദൃഢത നമ്മളെ കൊണ്ടി വരുന്നത് അതുകൊണ്ടിത് അതുകൊണ്ടാണ് പഴയകാലത്ത് പറയുന്നത് എന്താണ് സ്വാധ്യായ പ്രവചനം സ്വാധ്യായം കേട്ടുകൊണ്ടിരിക്കുക പ്രവചനം പറഞ്ഞുകൊണ്ടിരിക്കുക രണ്ടും കൂടെ ചേർന്നാലേ വിദ്യ പൂർണമാകും കേൾക്കുന്നു എഴുന്നേറ്റ് പോകുന്നു പൊടിയും കെട്ടിപ്പോകുന്നു ശരിയാവും പ്രവചനം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എനിക്ക് ഇങ്ങനെ ഒരു എന്താണ് മൂഢധാരണയുണ്ട് ഒരുപാട് മൂഢധാരണയുണ്ട് തിരുത്തേണ്ട സന്ദർഭം ഇവിടെ മനസ്സിലാകുന്നു ഇത് അബദ്ധം അതായത് നമ്മളിതെല്ലാം മനസ്സിലാക്കി മനസ്സിലാക്കി മനസ്സിലാക്കി ഇതിന്റെ ഒരു പൂർണ്ണതയിൽ എത്തിയതിനു ശേഷം ഈ ഇതെല്ലാം ഇതാണ് പഠിച്ച് പഠിച്ച് പഠിച്ച് പഠിച്ച് എല്ലാം പൂർണ്ണമാക്കിയതിനു ശേഷം പിന്നെ ആൾക്കാരുടെ അടുത്ത് ഇതൊക്കെ ഇവര് ധാരണ എൻ്റെ ഉള്ളിൽ നിന്ന് വളരെ വർഷങ്ങളോളം എൻ്റെ ഈ ധാരണ മാറ്റിയത് എൻ്റെ ഗുരുനാഥൻ ദിവ്യാനിസ്ലിൻ്റെ അടുത്ത് അടുത്ത് ആദ്യമായിട്ട് ശാസ്ത്രശ്രവണത്തിന് വേണ്ടി ചെന്ന് അന്നേ ഫസ്റ്റ് ഡേ എന്നോട് പറഞ്ഞു എന്താണ് ഇന്നെന്താണോ പഠിച്ചത് ഈ പഠിച്ച കാര്യങ്ങളെല്ലാം മറ്റുള്ളവർക്ക് ഇന്ന് തന്നെ പറഞ്ഞുകൊടുക്കും ഞാനെന്ന് എന്താണ് ഞെട്ടി ഉറച്ചു അയ്യോ അതങ്ങനെ സാധിക്കും ഇന്ന് ഞാൻ പഠിച്ച അതൊക്കെ എന്റെ മനസ്സ് ഉറച്ചില്ലല്ലോ ഞാനിപ്പോ കേട്ടല്ലേ ഉള്ളു വെറുതാണ് പക്ഷെ ആ കൂട്ടത്തിൽ ഇരുന്ന് വേറെ ആർക്കത്തും പറഞ്ഞില്ല എന്റെ കൂട്ടത്തിൽ പത്ത് നാൽപ്പത് പേരുണ്ട് എന്നെ മാത്രം സെലക്ട് ചെയ്തിട്ട് പോകുന്നു എന്റെ കൂട്ടത്തില് നമ്മൾ പ്രജ്ഞാനന്ദ സ്വാമി ഉണ്ടായിരുന്ന സാക്ഷിയാണ് പിന്നെ ബാക്കിയെല്ലാം എന്നോട് എന്നോട് പറഞ്ഞു ഇന്ന് എന്താണ് പഠിച്ചത് എല്ലാവരെയും പറഞ്ഞു കൊടുത്തു ആരുടെ ആവശ്യമുണ്ടോ പറഞ്ഞു അന്ന് തന്നെ ഞാൻ പ്രവചനം തുടങ്ങി അത് പ്രവചനം നടത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെയാണ് അത് ഉറപ്പിക്കേണ്ടത് അല്ല കേട്ടല്ല പറഞ്ഞാണ് ഉറപ്പിക്കുന്നത് അതുകൊണ്ട് കേൾക്കുന്നത് പറയും അങ്ങനെ പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഉറപ്പില്ല അല്ല കേട്ടുകൊണ്ട് മാത്രം പറ്റും അതന്ന് തുടങ്ങിയാണ് ഇന്നുവരാൾ നിർത്തിയിട്ടില്ല ഇന്നും അത് തുടർന്നുകൊണ്ട് എന്താ ഞാനത് പറഞ്ഞത് എന്റെ മഹത്വം പറഞ്ഞെന്ന് തിരിച്ചു കളയരുത് അഭ്യാസത്തിന്റെ മഹത്വം പറഞ്ഞാണ് നമ്മളത് നിരന്തരം അഭ്യസിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞ നമുക്കത് ഗുണമുണ്ട് ഈ പൂർവാപര ബന്ധം എന്ന് പറയുന്നത് നമ്മൾ അഭ്യാസം ചെയ്തുകൊണ്ടിരിക്കും എന്തോരം ജഡമായും സാധാരണ എല്ലാവർക്കും ഒരു ധാരണയുണ്ട് ഈ ശാസ്ത്ര ശ്രമിക്കുകയാണ് നിങ്ങളുടെ ഭാഷയിൽ പോലെ പഠിക്കുകയാണ് ഭയങ്കര കഷ്ടപ്പെട്ട ഒരു കാര്യം അതൊരു ഒരു കഷ്ടപ്പാടുമുള്ള കാര്യമല്ല ഇത് ഈ ഒരു രീതി പിന്തുടരുന്ന എന്താണ് സ്വാധ്യായം പ്രവചനം ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ പൂർണ്ണതയ്ക്ക് വേണ്ടി കാത്തിരിക്കേണ്ട കാരണം എന്താണ് പൂർണ്ണത ജീവിതത്തിൽ ഒരിക്കലും സാധിക്കാവുന്ന കാര്യമില്ല അതൊക്കെ അബദ്ധതായിട്ടുള്ളത് എല്ലാം അറിഞ്ഞിട്ട് എന്താണ് ബ്രഹ്മജ്ഞാനിയായിട്ട് മറ്റുള്ളവരുടെ അടുത്ത് സംസാരിക്കുക എന്ന് പറയും പരമവിഡ്ഠിത്വമാണ് നമ്മൾക്കറിയാവുന്ന കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊച്ചു കൊച്ചു പറയും മറ്റുള്ളവരോടത്ത് പറയും അതിലെന്തെങ്കിലും പെസുക വരുന്നെങ്കിൽ വന്നോട്ടെ അത് പറയുന്നതിലൂടെ കറക്റ്റ് ചെയ്യും അപ്പൊ പറയുന്നതിലൂടെ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ സ്വയം എന്നെ കറക്റ്റ് ചെയ്തിട്ടുള്ളത് എന്താണ് എന്റെ കൂടെ ഇരുന്ന് അതേ എന്റെ ക്ലാസ്സിലിരുന്ന് കേട്ടവര് അവിടെ ഞാൻ പറയുന്നു എന്റെ മുമ്പിൽ ഇരുന്ന് എന്നോട് കേൾക്കുന്നവരാണ് എന്നെ കറക്റ്റ് ചെയ്ത് അതിന് ശക്തി കൂടുതലാണ് ഞാൻ സ്വയം കറക്റ്റ് ചെയ്യുന്ന ശക്തിയാണ് എന്നെ മറ്റുള്ളവർ കറക്റ്റ് ചെയ്യും അപ്പൊ എനിക്ക് അങ്ങേറ്റത്തെ കടപ്പാടാണ് അങ്ങനെ ഒരു വഴിയിലേക്ക് തിരിച്ചുവിട്ട എന്റെ ഗുരുനാഥൻ അതാണ് അതിന്റെ ശരിയായ വഴി എന്ന് കാണിച്ചത് അത് നിരന്തരം തുറന്നുകൊണ്ടേ എന്നും നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടി എന്നും കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതാണ് അഭ്യാസം നമ്മൾ പഠിച്ചതിന് ആവർത്തിക്കുന്നതല്ല അഭ്യാസം പഠിച്ചത് ആവർത്തിക്കുന്നതല്ല അഭ്യാസം പിന്നെ എന്താണ് അഭ്യാസം നമ്മൾ പഠിച്ചതിന് തിരുത്തി ആവർത്തിക്കുന്ന എന്നും തിരുത്തി കൊണ്ടേ അതാണ് അഭ്യാസവും അപ്പോഴാണ് നമുക്ക് എന്താണ് ശരിയായ ധാരണകളുണ്ട് പിന്നെ നമ്മളീ ചെറിയ സ്കൂളിൽ സ്കൂളിലുള്ള അതിനു മുമ്പ് തന്നെ നമ്മളെയൊക്കെ കുട്ടിക്കാലത്ത് പഠിപ്പിക്കുന്ന എഞ്ച് കോടി പഠിപ്പിക്കും 1, ഒന്ന് 2... രണ്ട് എന്ന് ഇങ്ങനെയൊക്കെ പഴയ എനിക്ക് പഠിക്കും അങ്ങനെ എന്തെങ്കിലും പഠിക്കും പറഞ്ഞേനെ ഉറപ്പിക്കുകയല്ല വേണ്ടത് മറിച്ച് എന്താണ് നമ്മൾ അറിഞ്ഞേനെ കൂടുതൽ കൂടുതൽ കൂടുതൽ തെളിച്ചെടുക്കുക അതാണ് അപ്പൊ വെറുതെ അവർക്കാൻ പറ്റില്ല അങ്ങനെ തിരുത്തി തിരുത്തി എന്നാണു മാത്രമേ നമ്മുടെ പ്രജ്ഞ എന്ന് പറയും പ്രജ്ഞ വേറെയാണ് ബുദ്ധി ബുദ്ധിയെന്ന് പറയുന്നത് എന്താണോ ഗ്രഹിക്കുന്നു ഗ്രഹിച്ചതിനെ ഉറപ്പിക്കുന്നു ഇത്രയും ബുദ്ധിക്ക് ചെയ്യാൻ പ്രജ്ഞ എന്ന് പറയുന്നത് എന്താണ് നവ നവ ഉന്മേഷും എന്നും ഉന്മേഷത്തോടുകൂടിയിരിക്കുന്നു ഉന്മേഷത്തോടുകൂടിയിരിക്കുന്നു വെച്ചാൽ അത് എന്നും എന്നും പുതിയ പുതിയ അറിവുകളോടുകൂടിയിരിക്കും അറിവിന് കൂടുതൽ കൂടുതൽ പ്രകാശം ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്നും തെളിഞ്ഞുകൊണ്ടേ പത്തു കൊല്ലം നമ്മൾ പറഞ്ഞു ആവർത്തിക്കില്ല അതല്ല അങ്ങനെ എന്താണ് ബുദ്ധി തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും ഇത് ബുദ്ധി തമ്മിലടിക്കുന്നതല്ല ബുദ്ധി തെളിയുന്നതാണ് കേൾക്കുന്നവന് ചിലപ്പോൾ തോന്നും അവന്റെ ബുദ്ധി തെളിയാത്തതുകൊണ്ട് അപ്പോ ഇത് പൂർവാപര വിരുദ്ധമാണ് അങ്ങനെയല്ല തെളിഞ്ഞു തെളിഞ്ഞത് അപ്പൊ അങ്ങനെ തെളിയുന്ന ആ ബുദ്ധി ആ വഴിക്ക് നമ്മൾ സഞ്ചരിക്കുന്നിടത്താണ് പറയുന്നത് എന്നാണ് ശാസ്ത്രം പുരോഗമിക്കുന്നത് എന്ന് പറയുന്നത് പഴയ അറിവ് വെച്ചാണ്ടിരിക്കുകയാണെങ്കിൽ ശാസ്ത്രം അങ്ങനെ പുരോഗമന പഴയ അറിവല്ല അവിടെ പ്രവർത്തിക്കുന്ന പ്രജ്ഞയാണ് പുതിയ പുതിയ അറിവെന്നും നേടിക്കൊണ്ടേ പഴയത് അതിനെ സഹായിച്ചിട്ടുണ്ട് അപ്പൊ ഏത് ശാസ്ത്രമായാലും അങ്ങനെ ആധ്യാത്മിക ശാസ്ത്രമായ അങ്ങനെ ഉൾക്കൊള്ളുന്ന നമ്മുടെ ബുദ്ധി പരിമിതമായതുകൊണ്ട് അത് എന്ത് ചെയ്യണം പ്രജ്ഞയെ ആശ്രയിച്ച് എന്നും വികസിച്ചുകൊണ്ടേയിരിക്കണം പ്രജ്ഞാവികാസെന്ന് അഭ്യാസത്തിന് വളരെ പ്രാധാന്യം എന്നും അഭ്യസിച്ചുകൊണ്ടേയിരിക്കുന്നു അത് അറിവിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ടല്ല അറിവിന്റെ തെളിഞ്ഞയ്ക്ക് വേണ്ടിയിട്ട് അറിവിൻ തെളിയുന്നതിന് വേണ്ടിയിട്ടാണ് ആത്മബോധം എന്നൊക്കെ പറയുന്ന അതാണ് എന്നും എല്ലാ സമയവും നമ്മൾ ആത്മബോധത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും തന്നെ കുറിച്ച് ബോധ്യം വരെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും തന്നെ ആരും ഇതുവരെ അറിഞ്ഞിട്ടില്ല വേണ്ടവണ്ണം അറിഞ്ഞിട്ടില്ല പൂർണ്ണമായി അറിഞ്ഞിട്ടില്ലെന്നല്ല വേണ്ടവണ്ണം അറിഞ്ഞിട്ടില്ല എപ്പോഴും തന്നെ അറിഞ്ഞുകൊണ്ടേ തന്റെ ബലവും ബലഹീനതയും അറിഞ്ഞുകൊണ്ടിരിക്കും തന്റെ നന്മയും തിന്മയും അറിഞ്ഞുകൊണ്ടേയും തന്റെ അറിവും അറിവില്ലായ്മയും തിരിച്ചറിഞ്ഞുകൂടെയും തന്റെ തന്റെ തന്നെ പ്രവർത്തിക്കുന്ന ദ്വന്വങ്ങളെ കുറിച്ചുള്ള അർത്ഥവത്തായ തിരിച്ചറിവ് അതാണ് അറിവിന്റെ പ്രകാശവും അത് അർത്ഥവത്തായ തന്റെ തിന്മകളെയൊക്കെ ഇങ്ങോട്ട് ചുരണ്ടിയെടുത്ത് അതിനെയൊക്കെ വളർത്തിക്കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും കാര്യമല്ലോ ഒന്നുണ്ടല്ലോ അപ്പോ എന്താണ് തൻ്റെ ഉള് തന്റെ അറിവിന്റെ മാർഗത്തിലാണ് ഒരാൾ സഞ്ചരിക്കുന്നതെങ്കിൽ തൻ്റെ ഉള്ളെന്ന് പറയുന്ന എന്താണ് എപ്പോഴും സദാസന്നദ്ധമായിരിക്കുന്ന ഒരു വാർഡ് റൂം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നു അതായത് എപ്പോഴും വളരെ വിജിലൻ്റായി എല്ലാ നീക്കങ്ങളെയും മനസ്സിലാക്കുന്ന തന്റെ അന്ധകരണത്തിന്റെ എല്ലാ പ്രവണതകളെയും എല്ലാ ചലനങ്ങളെയും സദാ തിരിച്ചറിവ് വിജിലൻ്റ് ആയിരിക്കുന്ന ഒരു വാർവമായി നമ്മുടെ അന്ധക്കരണം അവിടെയാണ് ഈ തിരിച്ചറിവ് ഇവർ തിരിവ് അത് അതിന് പറ്റുമെങ്കിൽ പിന്നെ ഇത് ഒരാൾക്കൂട്ടത്തിന് സാധിക്കുന്ന കാര്യമുണ്ട് ആൾക്കൂട്ടത്തിനൊക്കെ സാധിക്കുന്ന കാര്യങ്ങൾ എന്താണ് ചെയ്ത കാര്യങ്ങൾ അവർ ഇത് ചുരുക്കം വ്യക്തികൾക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണ് മുമ്പിൽ എത്ര പേരിരിക്കുന്നു പറയേണ്ട ഒരു കാര്യമല്ല അത് നോക്കി പറയേണ്ട കാര്യമാണ് അതുകൊണ്ട് നിങ്ങളിപ്പോ എന്റെ മുമ്പിൽ ഒരാളിരിക്കുന്നു ആരും ഇരിക്കുന്നില്ലെന്നു എനിക്ക് ഇരിക്കാനായിട്ട് ഇരിപ്പിടം എന്ന് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുകൊണ്ടേ നിങ്ങളെല്ലാവരും കൂടെ എഴുന്നേറ്റ് പോയാലും എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല മനസ്സിലായി അത് അപ്രസക്തമായ കാര്യമാണ് ഒരാളാണ് ഞാൻ ശിവരി ക്ലാസ് എടുക്കുന്നു ഒരേ ഒരാളിനെ ഒരേ ഒരാൾ എവിടെയാണ് ജീവിക്കുകയും തോക്കുകയും ചെയ്യുന്നു പഠിച്ചു പറയുന്നു ഗ്രഹിക്കുന്നുണ്ടോ എനിക്കും പറയാൻ പറ്റുന്നുണ്ടോ അത്രയേ ഉള്ളൂ ആൾക്കൂട്ടത്തിൽ ജീവിക്കുന്നുണ്ടോ മനസ്സിലാവില്ല അവരുടെ ലോകം വേറെ ബഹുർമുഖന്മാർക്ക് ഒരിക്കലും ജീവിതത്തിലേയും മനസ്സിലാവത്തി നിങ്ങളുടെ ലോകം വേറെ ഇത് റെ അത് വേ ഇത് റെ അതാണ് നിങ്ങളുടെ വ്യത്യാസം എന്നെ പറയാം അവിടെ ഞാൻ പറഞ്ഞു വരുന്നത് അത് നിരന്തരം സ്വാധ്യായ പ്രവചനങ്ങളിലൂടെ ഇങ്ങനെ അഭ്യസിക്കുക തന്റെ ഉള് അതാണ് ഇവിടെ വീണ്ടും പറയുന്നത് എന്താണോ ഒരു രണ്ടു വരി തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇന്ന് മുഴുവൻ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും പിന്നെ ഇത് മുമ്പോട്ട് പോണ്ടേ നമുക്കിത് കൊറേ തള്ളി പെടണമല്ലോ വരികൾ ഒരുപാടുണ്ട് ഇതെത്ര വരുക നൂറുകണക്കിന് പേരാണ് അപ്പൊ പൂർവാപര ആ കാര്യത്തുകൂടെ ഞാൻ പറഞ്ഞാണ് അഭ്യാസം പൂർവാപര സമാധാനക്ഷമം പൂർവാപര സമാധാനത്തിനുള്ള ക്ഷമത പൂർവാപരങ്ങൾ നല്ല കറക്റ്റാക്കി കൊണ്ടുപോകണം മനസ്സിൻ്റെ എല്ലാ തരത്തിലുള്ള സംശയങ്ങളും വ്യാകുലതകളും പ്രശ്നങ്ങളും എല്ലാം തെളിയിച്ച് മനസ്സ് തെളിഞ്ഞു മുമ്പോട്ട് പോകണം അതാണ് സമാധാനം എന്ന് പറയും പൂർവാപര സമാധാനം അതൊക്കെ വിചാരത്തിലൂടെ നമ്മളത് സാധിച്ചിട്ടുണ്ട് തെളിഞ്ഞ ബുദ്ധി കിട്ടും കാരണം പൂർവാപര സമാധാനക്ഷമബുദ്ധവും അന്ന് എനിക്ക് തേ അത് കുറേയൊക്കെ മാലിന്യം പരിഹരിച്ച ബുദ്ധിയാണ് കുറേയൊക്കെ പൂർണമായും പറയുന്നില്ല കാരണം പൂർണ്ണമാണെങ്കിൽ അഭ്യാസത്തിന്റെ ആവശ്യങ്ങൾ നമുക്കെന്നും ഇതല്ല ജോലി എന്നും തന്നെ ശുദ്ധീകരിക്കരുത് ശുദ്ധീകരിക്കപ്പെട്ട ഒരു മനസ്സങ്ങനൊന്നുമില്ല അങ്ങനൊരു മനസ്സൊന്ന് അത് അസാധ്യമാരന്തരം ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്ന മനസ്സയോ ഇതിൻ്റെ ഒരു പാസ് ടെൻസ് ഇല്ല പ്രസന്റ് കണ്ടിന്യൂസ് എന്നോ നടന്നുകൊണ്ടേ അതിനെന്നോട് പറയുന്നു അനിഞ്ചിതമായ ബുദ്ധി ആ ബുദ്ധിയുള്ള വ്യക്തി നിരന്തരം അഭിനയിച്ചുകൊണ്ടിരിക്കുന്നവൻ അങ്ങനെയുള്ള ഒരു ബുദ്ധിയിൽ എന്താണ് പ്രാജ്ഞേന പൃഷ്ഠം മത്തയും അവനോട് അവൻ ചോദിക്കുന്ന അവനാവശ്യമുള്ള കാര്യങ്ങൾ പറയേണ്ടവൻ പറഞ്ഞു കൊടുക്കണം എന്നാണ് നിങ്ങളാരും ചോദിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കാരണം ഇവിടെ പറഞ്ഞു കൊടുക്കുന്ന ആരാണ് ഈ ഗ്രന്ഥ വഴിയാളാണ് പറഞ്ഞു ചോദ്യം ചോദിക്കുന്ന ആളാണ് അയാള് തന്നെ സൃഷ്ടിച്ച ചോദ്യകർത്താവാണ് അപ്പൊ ഇവിടെ ചോദ്യ കൊർത്താവുണ്ട് അതിന് പ്രശ്നമൊന്നുമില്ല ഇവിടെ ചോദ്യോത്തരവും അങ്ങനെ നടന്നുകൊണ്ടേരും പിന്നെ നമ്മളൂടെ അതിൽ പങ്കാളികളായി കഴിഞ്ഞാൽ നല്ലത് എന്നതേ ഉള്ളൂ എന്തെങ്കിലും അത് നടന്നുകൊണ്ടേരും ആളൊരു പ്രജ്ഞാൻ സംശയം ചോദ്യം ചോദിക്കുന്ന ആളും അതുപോലെ തന്നെ ഒരു പ്രജ്ഞാൻ ആണ് രണ്ടുപേരുടെയും ഉന്മേഷമുള്ള ബുദ്ധിയാണ് അതുകൊണ്ട് അങ്ങനെ ഒരു സഭ അങ്ങനെ ഒരു സദസ്സിലാണ് ഈ ചർച്ചകൾ ഒന്ന് പറയുന്നു അങ്ങനെ പറയുന്നവൻ അങ്ങനെ ഒഴിവ് ആ അഭ്യാസം ഉള്ള തെളിഞ്ഞ ഒരു ബുദ്ധിയുള്ള ഒരാളോട് ഇത് തുടർന്നും ഇത് മുമ്പോട്ട് കൊണ്ടുപോകണ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കണം പിന്നെ അഥമേ പശുധർമ്മിനി എന്താണ് പശുധർമ്മം ഉള്ളവൻ പശുധർമ്മത്തെക്കുറിച്ചുകൂടെ ഇനിയും ഒരുപാടൊക്കെ വിശദീകരിക്കും എന്താണ് പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കേൾക്കാൻ താല്പര്യമില്ലാത്തവൻ ഇത് ഉൾക്കൊള്ളാൻ പറ്റാത്തവൻ ഇതിനോടൊക്കെ പരമപുച്ഛമുള്ളവൻ അങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ അവനാണ് പശുധർമ്മി മൃഗധർമ്മി എന്നോട് എന്തിനാണ് പറയാൻ പോകുന്നത് നിങ്ങൾ ഒരു വിഷയത്തെ ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു ആ വിഷയത്തോട് നിങ്ങൾക്ക് കൊച്ചമാണ് ഏതം തിരിക്കുന്നു എന്നുള്ളൊരു ഭാവം പശുധർമ്മിയാണ് അവനോട് ഒന്നും പറയേണ്ട കാര്യമില്ല പശുവിനെ നമ്മളെങ്ങനെ വളർത്തുന്നത് അതിനെ പിടിച്ച് ഒരു കുറ്റിയിലെ കൊണ്ടുവന്ന് മൂക്ക് കയറിട്ട് കെട്ടിയിട്ട് അതിന്റെ മുൻപില് വെള്ളം കാടി കച്ചി പുല്ല് എല്ലാം കൊണ്ടിട്ട് അതിനെ തീറ്റിക്കും തീറ്റിച്ച് അതിന്റെ വയറ് നിറയ്ക്കും പശുവിനെ വളർത്തേണ്ട രീതി അത് കെട്ടിയിട്ട് തീറ്റ കൊടുക്കും അതുപോലെ ഇത് ആരെങ്കിലും ബലമായിട്ട് ഇവിടെ പിടിച്ചുകൊണ്ടു ഇരുത്തി അവനെ തീറ്റിക്കേണ്ട സാധനമല്ല ഇത് പശുധർമ്മികൾക്കുള്ളതല്ല മനസ്സിലായി പറയുന്ന മനസ്സിലായി ഇത് പശുക്കളെ തീറ്റിക്കാനുള്ള ഒരു സംഗതിയെ അങ്ങനെ തീറ്റിക്കേണ്ട ഒരു സംഭവമല്ല കെട്ടിയിട്ട് കൊടുത്ത് തടിപ്പിക്കേണ്ട ഒന്നല്ല പശുക്കളെപ്പോഴും എന്താണോ അതിനു യോഗ്യമായ ആ തൊഴുത്തിൽ തന്നെ കെട്ടിയിട്ട് അതിനുവേണ്ട തീറ്റകൾ കൊടുക്കണം അത് അത് തന്നെ വേണ്ടത് പശുത്തത് പറ്റിയ തീറ്റ തന്നെ കൊടുക്കണം കാടിയും പെണ്ണാക്കും ഒക്കെ തന്നെ കൊടുക്കണം ഇതെങ്ങനെ തന്ന സ്വയം സുമനസ്സാൽ ആരാണോ ഇതിൽ നിന്ന് എന്തെങ്കിലും പറയുന്ന രീതിയിൽ എല്ലാം ഉയർന്ന യോഗ്യതകളും വേണമെന്നു തന്റെ ശേഷിക്കനുസരിച്ച് തുറന്ന മനസ്സോടുകൂടി ഇത് കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്ന എന്താണ് ഫ്രീവിൽ അതുള്ളത് അത് യാതൊരു തരത്തിലുള്ള ബലപ്രയോഗവും പാടില്ല ഭീഷണി പാടില്ല കേട്ടേ പറ്റും അല്ലെങ്കിൽ അപകടമാണ് അങ്ങനെയൊന്നും പാടില്ല തുറന്ന മനസ്സോടുകൂടി ആരാണ് ഇതിന് സന്നദ്ധനാകുന്ന അങ്ങനെയുള്ള ഒരാൾ ഉണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയോടത് പറയുന്നതാണ് ശരി എന്നാണ് പറയുന്നതുകൊണ്ട് ധരിക്കേണ്ടത് അതാണ് അതിന്റെ യോഗ്യത ഇത് ഉൾപ്പെടുന്നു സ്വമനസ്സാരും ഒരു പ്രേരണയായിട്ട് പിന്നിൽ പാടില്ല എന്നുവെച്ചാൽ അവനെ പ്രേരിപ്പിക്കുന്ന ഒരേ ഒരു കാര്യം അറിയുന്നതിനുള്ള ജിജ്ഞാസ അത് മാത്രമായിരിക്കും അല്ലാതെ പശുവിന് കാടി കൊടുക്കുന്ന പോലെ അല്ല ഇത് ചെയ്യേണ്ട നിർബന്ധിക്കരുത് ഒരു കാര്യം ഇത്തരം കാര്യങ്ങൾ പ്രത്യേകിച്ച് കൂടുതൽ മനസ്സില്ലേ വേണ്ട അവന് മുട്ട അവന് പറ്റിയ തൊഴുത്തിലും പോയിനി കേട്ടെ ഈ തൊഴുത്തല്ലേ അവിടെ ഫ്രീ ആയി ഇത് എന്താണോ പറവകളിങ്ങനെ ആകാശത്തൊക്കെ പറന്ന് കിടക്കുന്ന അതൊക്കെ ഇഷ്ടമുള്ള സ്ഥലത്ത് പോയിരുന്നു എന്തെങ്കിലുമൊക്കെ കൊത്തിപ്പറകിക്കുന്നുവെന്നും അതുപോലെ ഫ്രീ ആയിട്ട് ഗ്രഹിക്കേണ്ട കാര്യമാണ് പശുവിനെ പോലെയുണ്ടെങ്കിൽ വിഗ്രഹിക്കേണ്ടത് പറവകളെ പോലെയാണ് അന്വേഷിക്കുമ്പോൾ പോയി കൊത്തിത്തന്നു ഇല്ലെങ്കിൽ അത് എവിടെയെങ്കിലും കൂട്ടിപ്പോയില്ല അങ്ങനെ ആ സ്വാതന്ത്ര്യത്തോടുകൂടി അവനത് ഗ്രഹിക്കേണ്ടത് കാരണം ഇതെന്താണ് മനുഷ്യനെ പൂർണ്ണമായും സ്വതന്ത്രമാക്കി കഴിക്കാറുണ്ട് അപ്പോ ആ സ്വാതന്ത്ര്യത്തോടുകൂടി ഗ്രഹിക്കേണ്ട ഒരു കാര്യമാണ് നിർഭയമായിട്ട് ഗ്രഹിക്കേണ്ട ഒരു കാര്യം അതാണ് പറയുന്നത് പശുധർമ്മികൾക്ക് അധമനായ വശുധർമ്മമുള്ളവനത് പറയേണ്ട കാര്യം അല്ല ഞാൻ നിങ്ങൾ വിചാരിക്കരുത് ഞാനിതിന് ഒരുപാട് തള്ളുകയാണ് നല്ല ഈ എഴുതിയിരിക്കുന്നത് പറയണം ഒരുപാട് മഹത്വപ്പെടുത്തുന്നുവെന്ന് ദഹിക്കരുത് ഇതാണ് ഇനി എഴുതിയിരിക്കുന്നത് സംസവം കേട്ടാൽ മനസ്സിലാവും ഞാൻ അഥമ പശുധർമ്മിനി എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായോ അത് ഞാൻ മലയാളത്തിൽ ഒന്ന് വിശദീകരിച്ച് പറഞ്ഞതേ ഉള്ളൂ അല്ലാതെ കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നു പ്രത്യേകിച്ച് ഇതിന് മാർക്കറ്റൊന്നും സൃഷ്ടിക്കുക അതിന്റെ ആവശ്യമില്ല അല്ലാതെ ഇത് മൂല്യമുള്ള സാധനം നിങ്ങൾ ഒരുപാട് പരസ്യങ്ങൾ കൊടുത്ത് മാർക്കറ്റ് ഉണ്ടാക്കുന്നത് എന്തിനാണോ പലപ്പോഴും ഇത് മൂല്യം നല്ല മൂല്യം ഉണ്ടെങ്കിൽ ഒന്ന് വരും പരസ്യമില്ലാതെ തന്നെ അത് വേണ്ട സ്ഥലത്തെത്തിക്കൊള്ളൂ അങ്ങനെയുള്ളൊരു സാധനമാണ് പ്രാമാണികർത്ഥ യോഗ്യത്വം പ്രത്യസ്യ വിചാരിക യോഗത്തിൽ പ്രജ്ഞാപ്രാഹം മൂഢതരം നരും പറഞ്ഞു ഗീതിയിലൊക്കെ പറയുന്നു പോലെ കൂടെ പറയുന്നു ഗീത ഇത് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞുകൊണ്ട് വരുന്നുണ്ടെന്നാണ് ഇതം ദേ ബാക്കി നാഭക്തായ കഥാചന പിന്നെ ശുശ്രൂഷവേ വാച്ചം പിന്നെ ഓട്ടെ ഞാൻ വിട്ടു ഞാൻ വിട്ടു നിങ്ങളുമായിട്ട് ഇന്ന് മത്സരത്തില്യത്വം പൃച്ഛാരിയ പറയുന്നവനും ഒരു കാര്യം ശ്രദ്ധിക്കുന്ന ഒന്നാണ് എന്താണ് പറയ കേൾക്കുന്നവന് ഇത് വല്ലതും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ അപ്പോ അതെങ്ങനെ മനസ്സിലാകും ഈ ഒരാൾ പറയുന്നു പറയുന്നവനെ കുറിച്ചുകൂടെ പറയു യഹ ഭക്തി ആരാണോ പറയുന്നത് അപ്പൊ പറയുന്നവനെ സംബന്ധിച്ച് പറയുന്നത് ഈ കേൾക്കുന്നവൻ ഇത് വല്ലതും മനസ്സിലാവുന്നുണ്ടോ എന്ന് മനസ്സിലാക്കിയാലേ അവനോട് പറയാവെന്ന് പറയും അപ്പൊ ഇത് മനസ്സിലാക്കിയൊന്നും ഈ കേൾക്കുന്നവൻ എങ്ങനെ ധരിക്കും സംശയൊന്നും ചോദിക്കുന്നില്ല നിങ്ങളെപ്പോലെ കിട്ടണം നസ്യ എന്ന് പറഞ്ഞിരിക്കുകയാണ് തോന്നി ചോദിക്കുന്നില്ല അല്ലേ പ്രശ്നം ഇവിടുത്തെ ഏറ്റവും ഗുരുതരമായ പ്രശ്നം അപ്പോ എന്തെങ്കിലും ഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അടയാളമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അവൻ കേൾക്കുന്നു കേൾക്കുന്നതിനുള്ള താൽപര്യം അവൻ വീണ്ടും അവൻ കേൾക്കുന്നു എന്തോ ഇതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി അതിന്റെ ആഴത്തട്ടിലുള്ള മുത്തുകളൊന്നും ഇറക്കിയെടുക്കാനൊന്നും കഴിയുന്നുണ്ട് ഈ പറയുന്നവന് പക്ഷെ വീണ്ടും വീണ്ടും വീണ്ടും അവൻ കേൾക്കുന്നു അപ്പൊ എന്താണ് അവന്റെ ഉള്ളിൽ ഒരു താല്പര്യമുണ്ടെന്ന് മനസ്സിലാക്കാം ആ ഒരു താല്പര്യമുണ്ട് അവന് എന്തോ അവന് നമ്മൾ പറയുന്ന വാസന എന്നൊക്കെ പറയും പറയുന്നതെല്ലാം ഒന്നും ഗ്രഹിക്കുന്നില്ല പക്ഷെ അവന്റെ ഉള്ളിൽ ഒരു ജിജ്ഞാസ ഒരു ചെറിയ തീപ്പരി പോലെ ചാരമൂടി ഒരു തീപ്പരി പോലെ കിടക്കും വീണ്ടും വീണ്ടും പ്രേരിപ്പിക്കുക ഇന്നും നാളെയും മറ്റന്നാളും ഇന്നലെയും എല്ലാം കേൾക്കാൻ പ്രേരിപ്പിക്കുന്ന അവിടെ അത് പറയാം അപ്പോൾ പറയുന്നവനും മനസ്സിലാകുന്ന എന്താണോ ഈ കേൾക്കുന്നവനെന്താ ചെറി പറഞ്ഞാൽ ചീത്ത പറഞ്ഞാൽ ഇവന്റെ ഉള്ളിൽ എന്തുണ്ട് ഇവന്റെ ഉള്ളിൽ എന്തോ ഒരു ഉണ്ട് അതുകൊണ്ടാണോ വീണ്ടും വീണ്ടും അത് കേൾക്കാൻ സന്നദ്ധനാകുന്ന അതുകൊണ്ടാണ് അവിടെ പറയേണ്ടത് ആ സന്നദ്ധത അവൻ്റെ ഉള്ളിൽ ഇല്ലെങ്കിൽ അവനെ കേൾക്കത്തില്ല കേൾക്കും കഴിയും പണിയോ ഏത് കാര്യമായാലും അത് ഏത് വിഷയത്തിലായാലും അങ്ങനെ ഒരു നൈരന്തര്യം അവൻ്റെ ഉള്ളിൽ പുലരുന്നു എന്നർ തുടർന്നു കൊണ്ടേ ഇരിക്കുന്നു എന്റെ ഉള്ളിലാണ് പുറമേ അല്ലെങ്കിൽ അത് എന്തോ ഒരു അതിനോട് പറയുന്നത് വാസന എന്ന് പറയും ജീവനാണ് അതിനു പ്രധാനമായും ഇങ്ങനെ വാസനയുണ്ട് അവന്റെ സംസ്കാരമുണ്ട് കേൾക്കുന്നതിൽ നിന്നെന്തോ സംസ്കാരം ഉണ്ടാകുന്നു ആ സംസ്കാരത്തെ കുറിച്ച് അവൻ ബോധവാനായിരിക്കുന്നു കൂടിയില്ല കാരണം നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന സംസ്കാരത്തെ നമ്മൾ അറിയുന്നില്ല സംസ്കാരം എന്ന് പറയുന്നത് അതീന്ദ്രിയാണ് നമുക്ക് അറിയാൻ പറ്റിയ ഒരു സാധനമാണ് പക്ഷെ അവരുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നു അത് അന്തർലീനമായി പ്രവർത്തിക്കുന്ന കാര്യമാണ് കൊണ്ടാണ് വീണ്ടും വീണ്ടും വീണ്ടും അത് കേൾക്കണമെന്നുള്ളത് അപ്പോൾ അവിടെ പറയാം അതാണ് ഇവിടെ പറയുന്നത് പ്രാമാണിക അർത്ഥ യോഗ്യത്വം ഇത്തരം പ്രാമാണികമായ ആ വിഷയത്തിന്റെ യോഗ്യത ആ യോഗ്യതയെ തിരിച്ചറിയുന്നത് എങ്ങനെയാണ് നിരന്തരം അത് കേൾക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ യോഗ്യത പ്രച്ഛ അഭിച്ചതാകി അത് മനസ്സിലാക്കാതെ ഞാൻ ഇന്നുവരെ പത്ത് വർഷമായി ഈ പണി തുടങ്ങിയിട്ടു നിരന്തരം ഇത് കേൾക്കുന്ന സദസ്സുകളിലെല്ലാം ഞാൻ ഇതുവരെ ഇത് ഇന്നുവരെ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ പോയി പറഞ്ഞാൽ ചിലപ്പോ താല്പര്യമുള്ളവരോടെ കാണുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അതെനിക്ക് ബോധ്യപ്പെടുന്നത് വഴി ഞാനൊരു സ്റ്റേജിൽ അറിയുന്നു പറയും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പിറ്റേ ദിവസം വേറെ സ്റ്റേജിൽ പോകുന്നു എന്റെ അടുത്ത് വേറെ സ്റ്റേജിൽ പോകുന്നു കേൾക്കുന്നവരില്ല എന്റെ കൂടെ വരികയാണെങ്കിൽ ഇന്നലെ കേട്ടവർ ഇന്നും കേൾക്കുന്നു അപ്പൊ അവർക്ക് താല്പര്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കി അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത ഇല്ല കാരണം ഞാനൊരു ക്രൗഡ് ഉള്ളറല്ല അതിനുള്ള വൈഭവം എനിക്കില്ല അതെനിക്ക് സ്വയം ബോധ്യമുള്ളതായിരുന്നു അപ്പൊ മനസ്സിലാക്കി അങ്ങനെയുള്ള സ്ഥലത്ത് ആദ്യമേ തന്നെ തീരുമാനിച്ചു അങ്ങനെയുള്ള സ്ഥലത്ത് പോയി പറയാതിരിക്കും ബോധ്യം വരണം കേൾക്കുന്ന ഒരാളാണെങ്കിലും അയാൾക്ക് താൽപ്പര്യമുണ്ട് അതുകൊണ്ടാണ് അങ്ങനെയുള്ള സ്ഥലത്ത് പോയി പറയാറ് പറഞ്ഞിട്ട് കാര്യമില്ല എന്നെനിക്ക് മുമ്പേ ഒരു ധാരണയുടെ മനസ്സിൽ പറയുന്നെങ്കിൽ അവൻ വീണ്ടും കേൾക്കുന്നവനായിരുന്നു വീണ്ടും കേൾക്കുന്നവരാണെങ്കിൽ എവിടെ കിട്ടും ഏതെങ്കിലും ആശ്രമങ്ങളിലേ കിട്ടും പേരെവിടെ കിട്ടാൻ ക്ഷേത്ര കമ്മിറ്റിക്കാർക്ക് തന്നെയുള്ള ആൾക്കാരെ കൊണ്ടുത്തരാൻ പറ്റത്തില്ല പറ്റത്തില്ല അക്കാര്യം അവനോടെ പറയുന്നു എന്താണ് പ്രാമാണികർത്ഥ യോഗ്യത പ്രത ചോദിക്കുന്നവന്റെ യോഗ്യതയെ മനസ്സിലാക്കണം അവൻ്റെ ജിജ്ഞാസ എന്തോ അറിയാൻ താല്പര്യമുണ്ടോ ഇതിനെ കുറിച്ച് ആ വിചാരിനെ കുറിച്ച് ശരിയായി വിചാരം മനസ്സിലാക്കണം അവന് താല്പര്യമുണ്ട് അവൻ എന്തൊക്കെ ഗ്രഹിക്കുന്നുണ്ട് യുവക്തി അത് മനസ്സിലാക്കാതെ പറയുകയാണെങ്കിൽ അവനെ പ്രജ്ഞ അറിവുള്ളവനുണ്ട് മൂഢധരെന്നല്ല അവനാണ് മൂഢൻ പറയുന്നവനാണ് വെഡ്ഡി കേൾക്കുന്നവനുണ്ട് ഇത് ജിജ്ഞാസ ഇല്ലാത്തവന് മുമ്പിൽ പറയുന്നവൻ വെഡ്ഡി എന്നാണ് കൂടെ പറയും അധികാരി എന്ന് പറയുന്ന ആരാണ് അധികാരി എന്ന് പറയുന്നത് അറിയാൻ താല്പര്യമുള്ളവൻ തന്നെയാണ് അധികാരി അത് മനസ്സിലാക്കി പറയണം എന്ന് പറഞ്ഞാൽ ആ താല്പര്യം നിലനിൽക്കുന്നവനാണ് ഇന്നും നാളെയും ഇന്നലെയും എല്ലാം അവൻ അത് കേൾക്കാൻ താല്പര്യമില്ല തീർച്ചയായിട്ടും അവൻ അധികാരിയാണ് അവനോട് തന്നെ ഇത് പറയും വേറെ ആരോട് പറയാനും എത്ര കാലം പറയാനുള്ള ശേഷിയുണ്ടോ അത്രയും കാലം പറയും അങ്ങനെ അല്ലെങ്കിൽ പിന്നെ എന്താണ് അവൻ മൂഢനാണ് കേൾക്കാൻ താല്പര്യമില്ല രണ്ടുടത്തും പറയും ഞാനിത് മനസ്സിലാക്കി ഇങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യകാലത്ത് ഇങ്ങനെ ഈ ഫുൾ ടൈം പെരു പണി ആകുന്നതിന് എന്തോ ഞാൻ ഈ മതപ്രഭാഷണം കേൾക്കാൻ പോകാൻ അമ്പലപ്പുറം പോയി അവിടെ വന്നു ഈ സ്വാമിമാരൊക്കെ പ്രസംഗിക്കുന്നു പോയി ഇങ്ങനെ കേൾക്കാതിരുന്നില്ല അപ്പോൾ അവിടെ കണ്ടിട്ടുണ്ട് എന്താണ് അവിടെ അമ്മമാരൊക്കെ കൂടിയിരുന്നു അവിടം പറയുന്നു ഒരിടത്ത് പി പി അപ്പുക്കാമ്മാ എന്ന് വിളിക്കുന്നു ഈ സ്വാമി നിന്നങ്ങ് പ്രസംഗത്തോട് പ്രസംഗമാണ് ഇത് ശ്രദ്ധിക്കുന്നത് ഒന്നോ രണ്ടോ പേര് ശ്രദ്ധിക്കും ബാക്കി ആരും ഇതൊന്നും ശ്രദ്ധിക്കില്ല ഞാനപ്പം വിചാരിക്കുന്നത് ഇതുകൊണ്ടെന്താ പ്രയോജനം ഇങ്ങനെ പ്രസംഗിച്ചത് അപ്പൊ എന്തെങ്കിലും ഇത് സംസാരിക്കേണ്ടി വന്നാൽ ജീവിതത്തിൽ ഒരിക്കലും പോയി ഞാൻ പ്രസംഗിക്കത്തില്ല എന്ന് അവിടെ ഇരുന്നു തീരുമാനിച്ചു ആ തീരുമാനം ഇതുവരെ പിന്നെ അങ്ങനെ മറിച്ചാണെങ്കിൽ എന്തോരും അവനെ എന്ത് മനസ്സിലാക്കും മൂഢതരം എന്നാലും അവൻ താൽപര്യമില്ലാത്തവന് മുമ്പിലാണ് പറയുകെങ്കിൽ അവൻ അങ്ങേറ്റം മൂഢനാണ് അതുകൊണ്ട് എന്തെയാണ് ആദ്യം ചിന്തിക്കണം കേൾക്കുന്നവന് ഇതിന് താല്പര്യമുണ്ടോ ഇതിനൊരു മറുവാദമുണ്ട് എന്താണ് അതായത് ശരി നമ്മളിങ്ങനൊരു സമൂഹത്തോട് പറയുന്നു ചിലപ്പോൾ അതിൽ ആർക്കും ഒരാൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അയാളെന്ത് ചെയ്യും വീണ്ടും ഇതിന്റെ നിരന്തര ശ്രോതാവും അവിടെ വക്താവും മാറുമെന്നുള്ളത് അയാൾ വേരിലിട്ട് പോകും അങ്ങനെ മാറ്റം വരത്തില്ല പറയുന്നു അങ്ങനെയൊക്കെ സംഭവിക്കാം ഇപ്പൊ ഒരാൾ കേൾക്കുന്നത് എന്നെ നിന്ന് തന്നെ കേൾക്കണം എന്നുള്ളത് കൊണ്ടല്ലോ എവിടെയെങ്കിലും പോയി കേൾക്കണം വിഷയം കിട്ടപ്പോരേ ഞാൻ പറഞ്ഞാൽ ഏത് ധാരാളം ബോധിക്കൂ അങ്ങനെയുണ്ടോ ഇല്ലല്ലോ അപ്പോ അവിടെ ഉദ്ദേശിക്കുന്ന എന്താണ് കേൾക്കുന്നവന്റെ ഉള്ളിലെ ആ നൈരന്തര്യം അതിനു തന്നെയാണ് പ്രാധാന്യം എന്നാലും ഇവിടെ പറയുന്ന എന്താണ് പറയുന്നവന് ഈ കാര്യം ബോധ്യപ്പെട്ടു പറയണമെങ്കിൽ എനിക്കാ കാര്യം ബോധ്യപ്പെടുന്നു എങ്കിൽ ഇതെല്ലാം വേറെ വഴിയൊന്നും ഇല്ല എന്താണോ ഇവൻ വീണ്ടും കേട്ടുകൊണ്ടേ നല്ല ഞാനിങ്ങനെ ബോധ്യപ്പെടും അക്കാര്യമാണ് കൂടെ പറയും അവൻ ജിജ്ഞാസയോടുകൂടി അവന് വീണ്ടും വീണ്ടും കേൾക്കുകയാണെങ്കിൽ പറയുന്നയാൾക്ക് ബോധ്യം വരുകയാണോ ഇയാൾക്ക് ഇത് താല്പര്യമുണ്ട് ഇതൊരാളിൽ എന്തെങ്കിലുമൊക്കെ പ്രയോജനം ചെയ്യുന്നുണ്ടെന്നും ബോധ്യം വരും അക്കാര്യമാണ് കൂടെ പറയും അതാണ് യുവഭക്തി അങ്ങനെ ചോദിക്കുന്നവൻ കേൾക്കുന്നവൻ അവനെ കുറിച്ച് ചിന്തിക്കാതെ അവന് യോഗ്യതയുണ്ടോ എന്ന് ചിന്തിക്കാതെ യഹവത്തി ആരാണോ പറയുന്നത് തം അവനെ പ്രാജ്ഞാഹ അറിവുള്ളവർ മൂഢധരൻ നരൻ മൂഢധരനായ നരനാണെന്ന് പറയുന്നു ഇനി ഈ പറയുന്ന വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്ന അടുത്തെന്താണ് അതീവ മനസ്സിലാക്കി വൃച്ചകോക്കുന്ന അഹം ജാനാമി സമോ യോഗോ ആമോ ആദ്യം അധിഷ്ഠം പറയുന്നു സ്വയം എന്താണ് അഹം ജ ഭക്തും ജാനാമി എടോ എനിക്കെന്താണ് പറയേണ്ടതെന്ന് വ്യക്തമായി ബോധ്യമുണ്ട് അഹംജ വക്തും ജാനാമീ പറയേണ്ടത് പറയേണ്ടത് ഇനി പറയാം എനിക്കറിയാം ഈ പ്രകടിപ്പിക്കുന്നത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുമോ വസിഷ്ഠ എത്ര ഒരു അഹങ്കാരിക അഹം എന്ന് പറഞ്ഞു പറയാൻ പാടില്ല അതുകൊണ്ട് എന്താ ഇന്നത്തെ ഇന്നത്തെ സ്വാൻമാർക്ക് നമ്മൾ സ്വയം അങ്ങ് പൂജിക്കുകയാണ് അവർക്ക് സ്റ്റേജിലൊക്കെ കയറി എന്ന് പറയുകയാണ് വളരെ ദമയോടുകൂടി എന്താണ് നമ്മൾ അങ്ങ് പറഞ്ഞ് നമ്മളിങ്ങനെ പറഞ്ഞു തന്നെ അങ്ങ് പൂജിക്കുകയാണ് താൻ തന്നെ അവിടെ വസിഷ്ഠൻ എന്താ പറയുന്നത് ഇതെല്ലാം അറിഞ്ഞിട്ട് അഹം ഞാൻ അഹം എന്ന് പറയുന്നതിന് പകരം ഭയം എന്ന് പറയാം എന്ന് പറയുന്നത് എന്താണ് അത് ഭാഷയുടെ ഒരു വികൽപ്പം മാത്രം ണിനിയുടെ ഒരു നിയമം മാത്രമാണ് അതിനപ്പുറം അതിനകത്ത് വ്യാകരണം പഠിച്ചവർക്കറിയാം അതിനകത്ത് വേറെ കാര്യമൊന്നും ഇല്ല ഇതിന് രണ്ടിനും ഒരേ മൂല്യമാണുള്ളത് അഹമെന്ന് പറയുന്നിടത്തും വയം എന്ന് പറയുന്നൊരു തൊക്കെ മൂല്യമൊന്നും അപ്പൊ ഞാൻ ഞാൻ എന്ന് പറയുന്ന നമ്മൾ എന്ന് പറഞ്ഞുകഴിഞ്ഞുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് എന്റെ ജ്ഞാനം കൂടെ തൊന്നും ഉണ്ട് പറഞ്ഞാൽ ജ്ഞാനം കുറേ ൊങ്ങച്ച കാണിക്കാൻ വേണ്ടി എന്താണ് മതപ്രഭാഷണം നടത്തുമ്പോൾ ഞാൻ എന്ന് പറയുന്നവരെ നമ്മൾ നാം എന്നും തട്ടിവിട്ടുകളേ മനസ്സിലാക്കി മനസ്സിലാക്കാത്തവരെന്തോ പറഞ്ഞോട്ട് അത് അബദ്ധമാണ് എന്തോ മൂഢധാരണ അപ്പോ അവ എന്ന് പറഞ്ഞാൽ അവൻ ദേഹത്തിന്റെ ഇല്ല അവന്ന് പറഞ്ഞാൽ എന്താകുന്നത് നിങ്ങൾ ശരിയായ ബോധ്യത്തിനാണെന്ന് പറയുന്നത് അത് അവനവന്റെ ആത്മവിശ്വാസത്തെ പ്രകടമാക്കും അഹന്ത അല്ല അഹന്ത പേരെയാണ് ആത്മവിശ്വാസം പേരെയാണ് പലതവണ ഞാൻ പറഞ്ഞു അത് വേണം അത് പ്രകടമാക്കണം ഒളിച്ചു നോക്കിയ കാര്യമില്ല ആത്മവിശ്വാസം വധിഷ്ഠം പറഞ്ഞതുപോലെ എന്നെ പറയുന്നത് എന്താണ് അഹം ഉച്ചഭക്തം ജാനാം എടോ എനിക്കറിയാവിടെ ആരോട് പറയുന്നു രഘുനന്ദന എടോ രാമ നീ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നത് എനിക്കറിയാം അറിയാവുന്ന കാര്യം എനിക്ക് ബോധ്യമെന്ന കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത് ഈ ആത്മവിശ്വാസം പറയുന്നവന് വേണം പിന്നെ നിന്നെക്കുറിച്ചും എനിക്ക് കുറച്ച് മതിപ്പൊക്കെ ഉണ്ട് എന്താണോ തൊ അതീവ ഗുണശ്ലാക്ഷ ഗുണത്തെ ശ്ലാഘിക്കുന്നവനാണോ ഗുണത്തെ അംഗീകരിക്കുന്നവനാണോ എന്ന് പറഞ്ഞാൽ എന്താണ് ഏ പറയുന്നവൻ വിവരമുള്ളവനാണോ ധരിക്കണമെന്നും നിങ്ങൾ കേൾക്കാൻ പോകുമ്പോ എന്ത് ധരിക്കണം പറയുന്നവൻ വിവരമുള്ളവ ഗുണത്തെ ശ്ലാഘിക്കുന്നവനായിരുന്നു അംഗീകരിക്കുന്നവനായിരുന്നു അറിവിനംഗീകരിക്കുന്നവനായിരുന്നു അല്ല നിങ്ങൾ ഒരാളുടെ അടുത്ത് കേൾക്കാനായിട്ട് പോവുകയാണ് ഇവന് ബോധമൊന്നുമില്ല നിണ്ട പിന്നെ കേട്ടുള്ളത് അന്ന് നിർത്തണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം ഗുണസിലാക്കിയ ഗുണത്തെ അംഗീകരിക്കുന്നവനായി സ്വന്തം ഗുണത്തെ തിരിച്ചറിയുന്നവനായിരിക്കണം അന്യന്റെ ഗുണത്തെ അംഗീകരിക്കുന്നവനുമായിരിക്കും ഇവിടെ ഭക്താവിനെയും ശ്രോതാവിനെയും ചേർത്ത് പറയുന്നവനെയാണ് അതുകൊണ്ട് പറയുന്നു എന്താണ് തമ്മ അതീവ ഗുണസിലാക്കി ഈ ഗുണങ്ങളെ തിരിച്ചറിയുന്നവനാണ് ഘുനന്ദന അപ്രച്ഛകഹ അങ്ങനെയുള്ള ഒരു ചോദ്യകർത്താവണം നിനക്കറിയാം നീ ആരാടാ നീ ആരോടാണോ ഈ ചോദ്യം ഉന്നയിക്കുന്നത് അവൻ എന്റെ ചോദ്യത്തിന് സമാധാനം പറയുന്നതിന് കൽപ്പമുള്ളവനാണ് എന്നുള്ള ബോധ്യമുള്ളവനാണ് നീ നിന്റെ ശുഭാപ്തി വിശ്വാസം നിന്റെ അപ്രതീക്ഷ അതിനെയെല്ലാം പൂർത്തീകരിക്കുന്നതിന് ശേഷിയുള്ളവനാണ് ഞാൻ അതുകൊണ്ട് പറയുന്നത് സ്വയം മഹമിച്ച ഭക്തഞ്ചാണ് അതുകൊണ്ട് ഇവിടെ എന്താ സംഭവിച്ചത് ആവയോ അയമോ ആവയോഗോ ആവയോഗോ സമയോഗ ഇവിടെ നമ്മൾ രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്നു നമ്മുടെ രണ്ടുപേരും എന്ന് പറയുന്നത് എന്താണ് നമ്മൾ രണ്ടുപേരും ഒരുമിച്ചിരിക്കണം പരസ്പരം ബോധ്യമുള്ള രണ്ടുപേരും ഒരുമിച്ച് കൂടി ഇരുന്നിട്ട് ഈ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ് ആധ്യാത്മിക ആത്മീയതയിൽ സാധാരണ പറയും എന്താണ് ഗുരു ശിഷ്യ പാരസ്പര്യമാണ് എന്ന് പറയുന്ന ഇതാണ് എന്താണ് ആ പാരസ്പര്യം എന്ന് പറയുന്നത് പരസ്പരം ബോധ്യപ്പെട്ട് വ്യവഹരിക്കുക പരസ്പരം മനസ്സിലാക്കി പെരുമാറുക പരസ്പരം മനസ്സിലാക്കി ഒത്തുപോകുക എന്ന് പറയുന്നത് ആണ് ഈ പറയുന്നത് രാമനെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത് അങ്ങനെയുള്ള പാരസ്പര്യമുള്ള ആ ചോദ്യകർത്താവിനെയും മറുപടി പറയുന്ന ആളിനെ കുറിച്ചുമാണ് ഇവിടെ പറയുന്നത് രാമന് വസിഷ്ഠനെ കുറിച്ച് ശരിയായ ബോധ്യത് വസൃഷ്ഠന്റെ തിരിച്ച് രാമനെ കുറിച്ചും പോ അവിടെ എന്താണ് അങ്ങനെയാണെങ്കിൽ മാത്രം ഈ ചർച്ച മുന്നോട്ട് പോകും മുമ്പോട്ട് ഏ ആ കറക്റ്റ് ശാന്തിമന്ത്രത്തിലൊക്കെ പറയുന്നത് ഇത് തന്നെയാണ് ഈ ആശയം തന്നെയാ പറ നമുക്ക് പരസ്പര ധാരണ ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകുമെന്നാണ് രാമൻ ോട് വശിഷ്ഠം പറയുന്നത് നിനക്ക് എന്നെ കുറിച്ചും ഒരു ധാരണയുണ്ട് തിരിച്ചങ്ങോട്ട് ഇത് പലപ്പോഴും എന്താണ് അങ്ങനെയുള്ള ധാരണകൾ നഷ്ടപ്പെട്ടു മനുഷ്യരില് പോരായ്മകളുണ്ടാവും അപ്പൊ അത് നഷ്ടപ്പെട്ടു പോകും ഈ ധാരണയിൽ മുന്നോട്ട് പോകുന്നത് പോലെ തന്നെ തികച്ച് സ്വാഭാവികമായ സംഭവങ്ങളാണ് ഇത്തരം ധാരണകൾ മനുഷ്യര് നഷ്ടപ്പെട്ടു പോകുന്നത് അതിന് പ്രത്യേകിച്ച് ഒന്നും പറയാൻ മനുഷ്യനാണ് മനുഷ്യനപൂർണനാണ് ഒന്ന് ശരിയായിട്ടെന്ന് തെറ്റുമല്ല ഇത് മനുഷ്യന് സംഭവിക്കുന്ന കാര്യം ചിലപ്പോൾ ധാരണകൾക്ക് പിശവ് വരും പിശവ് വരുമ്പോ എന്തെങ്കിലും ശിഷ്യന്മാരെ ഗുരുക്കന്മാരെയൊക്കെ ഉപേക്ഷിച്ച് വേറെ വൈകിട്ടും വേറെ ഗുരുക്കന്മാരെ കഴിഞ്ഞു ഗുരുക്കന്മാരെന്തെയും ശിഷ്യനെയും ദഹിഷ്കനെയും ഇതൊക്കെ സംഭവിക്കാറുണ്ട് കാണാറുണ്ട് അതും ഇതിൻ്റെ ഒരു ഭാഗമാണ് പക്ഷെ മുന്നോട്ട് പോകണമെങ്കിൽ രാമൻ പറഞ്ഞതുപോലെ എന്താണ് അതീവ ഗുണശ്ലാഖിന് ഗുണത്തെ ഗ്രഹിക്കുന്നവനായി ഞാനാണെങ്കിലോ എന്താണോ പറയുന്നത് അതിനെക്കുറിച്ച് ബോധ്യമുള്ളവനോ ഇതെന്താണോ ഇവിടെ വസിഷ്ഠ ഡാം എന്നുള്ള പറയുന്ന ഈ സദസ് നമ്മൾ ഒരുമിച്ചിരിക്കുകയാണ് സമൂയോഗം ഇത് ഈ അയം യോഗ സമമാണ് ചേരും പടി ചേർന്നിരിക്കുകയാണ് രണ്ടുപേരുടെയും അതുകൊണ്ട് എന്ത് ചെയ്തു അവസാനം വരെ അവസാനം വരെ രണ്ടുപേരും പിരിയാതെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫലപ്രദമായ രീതിയിൽ പ്രയോജനപ്രദമായ രീതിയിൽ എന്ത് അത് തുടക്കത്തിൽ അതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതാണ് കൂടെ പ്രസിഷ്ടം പറഞ്ഞിരിക്കുന്നത് അതാണ് ത്വം അതീവ മനസ്സിലാക്കി ഒരു ചതവ് രഘുനന്ദന അഹഞ്ചഭക്തം